തപസ്വിനി പരമേശ്വരൻ പങ്കെടുക്കുന്നവർ പഴവീട് ബാബു പി എൻ ശ്രീദേവി അരൂർ കെ പ്രഭ അച്ഛനൻ മാവേലിക്കര ശ്രീനാഥ് സുബ്രഹ്മണ്യം അഞ്ജുത ബിയാർ നായർ കുഞ്ചിലി രാജേന്ദ്രൻ സമീക്ഷണം രാജശ്രീമോഹൻ കൌശല പൂർവാസാർത്തോ കത്തം ദൈവമാജ ൃത്തിക്ഷ കലാ കാന്ത ത്രൈലോക് മംഗളം കുറൂ മക്കളെ വത്സലേ ദീപേ എടാ എഴുന്നേൽക്ക് ട എഴുന്നേൽക്കാൻ പരീക്ഷ അല്ലേ വല്ലതും പഠിച്ചേ ഓ അവടാൻ ഇങ്ങനെ മൂന്ന് പേരും കൂടി ഒന്നിച്ചിരുന്ന് ഉറക്കം വായിച്ച ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുമോ ഓ ും പോയെങ്കിലേ അങ്ങോട്ടുള്ളത് പറഞ്ഞാൽ അച്ഛൻ വാങ്ങി തരുന്നുണ്ടല്ലോ എന്താ അവർക്ക് പറയാൻ മരിയാ മൂന്നേട്ടാ അച്ഛന്റെ കയ്യിൽ കാശില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട ഒരുപാട് കാശ് വേണ്ട കാര്യമാണെങ്കിൽ എനിക്കൊരു ചുരിദാർ വേണ്ടതായിരുന്നു അച്ഛൻ ഇപ്പോൾ എല്ലാവർക്കും എനിക്ക് മാത്രം അതില്ല പത്താം ക്ലാസ്സിലെ ചുരിദാർ ഇട്ടോണ്ടാ വരുന്നത് വാങ്ങിക്കുവാന്നെങ്കിൽ എനിക്കും വേണം എനിക്ക് കുർത്താ മതി ുംക്കളെ മൂരും കൂടി തയ്യൽക്കാരിമ്മക്ക് എന്ത് കിട്ടാനാ മക്കളെ പിന്നെ അമ്മക്ക് വല്ലപ്പോഴും കിട്ടുന്ന തയ്യൽപ്പണിയും അച്ഛന്റെ മേശരിപ്പണിയും കൊണ്ടാ ഇങ്ങനെങ്കിലും ഒക്കെ കഴിഞ്ഞു പോകുന്നത് ദീപയുടെ ഈ നിർബന്ധം കൊള്ളു ചില കേട്ടോ എനിക്ക് തീരെ ഇല്ലേ ഞാൻ അച്ഛനോട് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്കും വേണമെന്നായിടേതും മൂന്നുപേർക്കുമായിട്ട് ഇനിയും അങ്ങനെ തന്നെ പണിക്ക് പോയിട്ട് വരട്ടെന്താ മക്കളെ അച്ഛൻ വൈകുന്നേരം വരുമ്പോ എന്റെ പൊന്നുമക്കൾക്ക് എന്ത് വേണം ഇന്ന് മതി അച്ഛാ പിള്ളരി പറയും ദിവസം ഇതൊക്കെ വാങ്ങുമ്പോൾ ഒരു മാസം കൊണ്ട് കാശ് എത്രയാകും അതൊന്നും സാരമില്ലെന്നേ നമ്മുടെ പിള്ളേര് പറഞ്ഞല്ലേ വൈകുന്നേരം ഞാൻ മേടിച്ചോണ്ട് വരാം അതിൽ ഞാൻ പണിക്ക് പോട്ടെ ൻ രാവിലെ തന്നെ പണി തുടങ്ങാൻ പോകുന്നു അല്ലേ പിന്നെ ഇന്ന് ഫ്ളാറ്റിന്റെ മൂന്നാം നിലയിലാണ് മുകുന്ദൻ പണിയേണ്ടത് അവിടെ ഇന്ന് സീലിംഗ് കോൺക്രീറ്റ് ചെയ്യണം അതിന്റെ മുഴുവൻ ചുമതലയും ഞാൻ മുകുന്ദനെ ഏൽപ്പിക്കുകയാണ് കോൺക്രീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു വിദഗ്ധ തൊഴിലാളി എഞ്ചിനീയർ പറയുന്നു മൂന്നാം നിലയിൽ ഇപ്പോഴുള്ള പണിക്കരെ എഞ്ചിനീയർക്ക് അത്ര തൃപ്തിയില്ല അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ മുകുന്ദനെ അതിന് പറ്റിയ ആളായി കാണുന്നുള്ളു ശരി മുതലാളി അപ്പോ എന്റെ കൂടെയുള്ളവരും താഴെ തന്നെ പണിയണോ അത് വേണ്ട അത് വേണ്ട മുഖന്തിന് ഇല്ലാതെ അവരോടെ പണിയേ വേണ്ട അവരെ കൂടി മൂന്നാം നിലയിലേക്ക് കൊണ്ടുപോകുള്ളൂ എഞ്ചിനീയർ അവിടെ കാത്തിരിക്ക നാലാം നിലയിൽ നിന്നോ ആളാണല്ലോ നമുക്ക് അങ്ങോട്ട് കൊടുക്കല്ല കഷ്ടം ഓ കഷ്ടം എന്താ മോളെ അമ്മ ഇത്ര നേരമായിട്ട് അച്ഛനെ കാണുന്നില്ലല്ലോ വേറെ എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ തുണിക്കഴി കയറി താമസിക്കുന്ന ആയിരിക്കും നിങ്ങൾക്ക് മൂന്നിളക്കുള്ള ഡ്രസ്സെടുക്കണ്ടേ അതും കഴിഞ്ഞ് പലഹാരങ്ങൾ വാങ്ങാൻ പോയി കാണും എന്നാലും ഇത്രയും താമസിക്കേണ്ട കാര്യമില്ല ഓ ചിലപ്പോൾ ബസ് കിട്ടാൻ താമസിക്കുന്നതായിരിക്കും ഹലോ അതെ സരസ്വതിയാണ് നിങ്ങൾ തണുതി പറയുന്നതാ നിങ്ങൾ തെളിച്ച് പറയൂ എന്റെ മൂന്നാടിന് എന്ത് പറ്റി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മക്കളി വരസല്ലേ അല്ലേ അച്ഛനെന്ത് ജനറൽ ആസ്പത്രി പണിന്ന് ഒരു മനസ്സിലാകുന്നില്ലല്ലോ കിട്ടാനാ മോളെ എന്റെ ദൈവം ാരോ വിളിച്ചു പറഞ്ഞു ഞാനും മക്കളും കൂടിയാണ് വന്നത് മക്കളോ എവിടെ എന്റെ മക്കൾ അവിടെ പുറത്ത് ഇടനാഴിയിൽ നിൽപ്പുണ്ട് എല്ലാവരെയും കൂടി ഇങ്ങോട്ട് കടത്തിവിടാൻ പറ്റില്ലെന്ന് നേഴ്സ് പറഞ്ഞു സംഭവിച്ചു മൂന്നാമത്തെ നിലയിലായിരുന്നു പണി ഒരു ചൂട് പിടിച്ചു താഴേക്ക് പോകണുണ്ട് കിടക്കുന്നതാണ് കാണുന്നത് പണിക്കാരാ ഇവിടെ കൊണ്ടുവന്നത് കണ്ടില്ലേ നീ കൈയും കാലും ഒക്കെ പ്ലാസ്റ്റർ ഇട്ട് ശരീരം മുഴുവൻ ഒടിഞ്ഞുറങ്ങുന്നു കൂടാതെ എന്റെ അരക്ക് കീഴ്പോട്ട് തളന്നുപോയോ എന്നൊരു സംശയമുണ്ട് ജീവൻ നിലനിർത്തണമെങ്കിൽ കൊറേ കാശ് മുടക്കണം സർജറി ഉടനെ നടത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് നിങ്ങളോടാരെങ്കിലും ഈ വിവരം പറഞ്ഞോ ഇല്ല ചേട്ടന്റെ കൂടെ പണിയുന്നവർ പുറത്തുനിൽപ്പുണ്ട് അവരാണ് എവിടെ കൊണ്ടുവന്നതെന്നും ഇതുവരെയുള്ള ചെലവ് വർഗീസ് മുതലാളിയാണോ ചെയ്തതെന്നും പറഞ്ഞു ആ ഒരു വൻ തുകയുടെ കാര്യം ഉടനെ നിന്നോട് പറയേണ്ടെന്ന് കരുതിയ ഒന്നും പക്ഷേ നമുക്ക് തമ്മിൽ പറയാതിരിക്കാൻ പറ്റില്ല പറയുകയല്ല തീരുമാനിക്കുകയും വേണം സർജറിക്ക് ഒരു ലക്ഷം രൂപ ചെലവരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതൊട്ടും താമസിക്കരുന്ന് പറഞ്ഞു എന്താ ചെയ്യുകയും കാണുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഇതുവരെയുള്ള ചെലവ് തന്നെ അദ്ദേഹം ചെയ്താണെന്നാണ് അറിവ് തന്നെയുമല്ല വെറുതെ ആരും ഒരു ലക്ഷം രൂപ തരാൻ പോകുന്നില്ല ഓപ്പറേഷൻ നടക്കും ചേട്ടന് ഒരു കുഴപ്പവും വരില്ല എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും സരസു ചേട്ടന്റെ പേരിലുള്ള നമ്മുടെ താമസസ്ഥലമുണ്ടല്ലോ പത്ത് സെന്റ് അതിന്റെ പ്രമാണവുമായി ഞാൻ ചേട്ടന്റെ മുതലാളിയെ ചെന്ന് കാണൂ അയാൾ ഒഴിഞ്ഞാൽ ഞാൻ വേറെ ആരെങ്കിലും ഒക്കെ കാണും ആരെങ്കിലും സഹായിക്കാനിരിക്കില്ല എനിക്കൊന്നും പറയാനല്ലോ പക്ഷേ നെയ് തളരമാ ാണ് ഒരു ഹരക്ക് കിട്ടോട്ട് തളർന്നുപോയി ജീവൻ നിലനിർത്താൻ ഒരു ഓപ്പറേഷൻ ഉടനെ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു ഒരു ലക്ഷം രൂപയാണ് ചെലവ് ഞാൻ ഞാനെന്ത് ചെയ്യും മുതലാളി വിവരമൊക്കെ അപകടം പറ്റിയ ആശുപത്രിയിൽ എത്തിച്ചതും ഇന്നലെ വരെയുള്ള ചെലവ് ചെയ്തതും ചെയ്യാൻ മുതലാളിയാണ് സഹായിച്ചതെന്നൊക്കെ അറിയാം അതിന് നന്ദിയുമുണ്ട് മുതലാളി പക്ഷേ ഇനിയും മറ്റാരും സഹായിക്കാനില്ല ഇങ്ങനെയൊക്കെയുള്ള അത് തിരികെ കിട്ടാൻ പ്രശ്നമാകും അവന്റെ മനുഷ്യത്വത്തിന്റെ പേരിൽ ഞാൻ എന്തെങ്കിലും കൂടി സഹായിക്കാം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം പത്ത് സെന്റ് ഉണ്ട് അതിന്റെ ആധാരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആധാര ഏഴുവെച്ച് മുതലാളി രൂപ തരണം ഇതല്ലാതെ മറ്റൊരു വഴിയെ ഞാൻ കാണുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാനെന്ത് പറയാനാ ഏതായാലും ഞാനൊന്നാലോചിക്കട്ടെ സർസ്വദീപോളൂ അപ്പൊ എനിക്ക് നിങ്ങളുടെ വസ്തു പ്രമാണോ ഒന്നും വേണമെന്നില്ല പക്ഷെ ഒരു ഇടുമല്ലാതെ ഒരു ലക്ഷം രൂപ വന്നാൽ തിരികെ തരുന്നതിന് ഗൗരവവും ഉണ്ടാകില്ല അതുകൊണ്ട് ആ പ്രമാണിവിടെ വെച്ചു വളരെ ഉപകാരം മുതലാളി ഞാൻ എപ്പോ വരണം സരസ്വതി വരേണ്ട ഞാൻ നാളെ രാവിലെ കാശ് കൊടുത്തുവിട്ടോളാം സരസ്വതി പൊക്കോളൂ ശരി മുതലാളി അമ്മ എന്തിനാണ് കരയുന്നത് എങ്ങനെ കരയാതിരിക്കുമ്പോൾ അച്ഛൻ കിടപ്പിലായത് മുതൽ അറിയാമേ എന്നാൽ അമ്മ അറിയാത്ത ചിലത് കൂടിയുണ്ട് നമ്മുടെ ഈ അവസ്ഥ മുതലെടുക്കാൻ വേണ്ടി പല ചെറുപ്പക്കാരും എന്നോടും അനിയത്തിയോടും അടുപ്പം കൂടാൻ വരാറുണ്ട് കാശ് എത്ര വേണമെങ്കിലും തരാം കൂടെ പലരും തുറന്നു പറയുക കൂടി ഉണ്ടായി കാശുണ്ടാക്കി പലരും മാന്യവതികളായി ഇവിടെ ജീവിക്കുന്നുണ്ട് പക്ഷേ ഞാനോ എന്റെ അനിയത്തിയോ അങ്ങനെയാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടമ്മേ ഞാനും അതൊക്കെ അറിയുന്നുണ്ട് മോളെ പക്ഷേ ഒരിക്കലും എന്റെ മകളുടെ മനസ്സ് മാറരുത് ഈ അമ്മയെയും അച്ഛനെയും അനുസരിച്ച് തന്നെ കഴിയണം അങ്ങനെ തന്നെ അമ്മ അതോർത്ത് വിഷമിക്കണ്ടേ കേട്ടോ എങ്കിലും ഇപ്പോഴീ കണ്ണീരിന് പ്രത്യേകിച്ച് എന്തുണ്ടായി ഒരു ലക്ഷം രൂപ തക്ക സമയത്ത് കിട്ടിയത് അച്ഛൻ ജീവിക്കുന്നു പക്ഷേ പണയാധാരത്തിന്റെ അവധി ഇന്നലെ കഴിഞ്ഞു വറിയസ് മുതലാളി ശ് ചോദിച്ചു അന്യരുടെ കാലി പിടിക്കാനും നാളെ കിടാനും ഒക്കെ ഇടയായല്ലോ നോർത്തി വിഷമിച്ചതാ വർഗീസ് മുതലാളിത്തുള്ളത് കൂടാതെ വേറെയും കടങ്ങൾ ഉണ്ടല്ലോ അമ്മേ എല്ലാം കൂടി എത്ര വരും കൊച്ചു കൊച്ചു കടകൾ ധാരാളമുണ്ട് അതെല്ലാം കൂടി കൂട്ടിയാൽ ഒരു വലിയ തുകയാകും ഇതൊക്കെ എങ്ങനെ കൊടുത്തു തീർക്കും നമുക്ക് ഈ പുരടം ഇന്നലെ അച്ഛൻ പറയുന്നത് കേട്ടല്ലോ കടക്കാർ വന്ന് വിൽക്കും മുമ്പ് നമ്മൾ തന്നെ വിറ്റ് കടം വീട്ടുന്നതാണ് നല്ലതെന്ന് വർഗീസ് മൊഴിലാളിയോട് തന്നെ ഈ സ്ഥലം എടുക്കാമോ എന്ന് ചോദിച്ചാലോ ചോദിച്ചാൽ കിട്ടുന്ന വിലക്ക് കൊടുക്കേണ്ടി വരും എവിടെ പോകും എനിക്കറിയില്ല കേൾക്കും പറഞ്ഞുതരാം ഞങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ അച്ഛന് കൂടുതൽ മറ്റു യാതൊരു മാർഗവുമില്ലാടം വിറ്റ് കിടപ്പിലായി എന്നെയും ചുമന്നുകൊണ്ട് തെരുവിലിറങ്ങിയാൽ എല്ലാം തകരും എന്റെ ഭാര്യയും പൊന്നുമക്കളും ഒടുവിൽ തെരുവ് അത് കാണാൻ ഞാൻ ജീവിച്ചിരിക്കില്ല അച്ഛന്ഴിവിനൊത്ത് നോക്കിക്കൊള്ളാം ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാമല്ലോ അത് മതി അച്ഛൻ വരുമാനവും ഇല്ലാത്ത എങ്ങനെ സഹിക്കും മക്കളെ മൂന്നേട്ടൻ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട െ തീരുമാനിച്ചു നമ്മൾ ജീവിക്കും എനിക്കും കുട്ടികൾക്കും ആരോഗ്യമുണ്ട് അന്തസ്സായി പണിയെടുക്കും മോഷണവും വ്യവിചാരവും ഒഴിച്ച് എന്തു പണിയും ചെയ്യും ചേട്ടൻ സമാധാനമായിരിക്കേ ഞാൻ തന്നെ ഇരുന്നതാണ് അപ്പോഴാണ് സരസ്വതി ഇന്നലെ എന്നെ വന്ന് കാണുന്നത് ഈ സ്ഥലം ഞാൻ വിലക്കെടുക്കണമെന്നാണ് മുകുന്ദന്റെ ഭാര്യ പറയുന്നത് മുകുന്ദൻ ഇപ്പോഴെങ്ങനെയുണ്ട് കണ്ടില്ലേ അരക്ക് കീഴ്പോട്ട് അങ്ങനെ എന്റെ ജീവിതം ഈ വീൽചെയറിലായി ഇനി ഇങ്ങനെയൊക്കെ തന്നെ അവസാനവും ഏതായാലും തക്ക സമയത്ത് വിദഗ്ദ്ധ ചികിത്സ കിട്ടി അതുകൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അത് തന്നെ വലിയ ഭാഗ്യമെന്ന് കരുതുക അതിന് മുതലാളിയാണ് സഹായിച്ചത് ഒരുപാട് നന്ദിയുണ്ട് പക്ഷേ ഭാരിച്ച കടമായി ഇപ്പോൾ നിത്യ ചെലവിന് പോലും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണിത് വിൽക്കാമെന്ന് കരുതിയത് മുതലാളിയോട് വാങ്ങിയ ഒരു ലക്ഷം രൂപ മാത്രമല്ല എനിക്ക് പണി ചെയ്യാൻ കിട്ടുന്നില്ല അപ്പോ ഈ സ്ഥലം ഞാൻ തന്നെ എടുക്കണം വേറെ ആർക്കും നിങ്ങൾ കൊടുക്കില്ലെന്നാണല്ലോ പറയുന്നത് നിങ്ങൾ വീട് വിറ്റാൽ പിന്നെ എവിടെ താമസിക്കും ഒരു നിശ്ചയമില്ല മുതലാളി ഈ പെൺകുട്ടികളും വീൽ ചെയറിലെ മുഖന്ദനുമായി ണോ ഉദ്ദേശം നിങ്ങൾക്ക് താമസിക്കും ഒരു കാര്യം ചെയ്യൂ ലക്ഷം വീട് കോളനികളിൽ ഒരിടം കിട്ടുമോ എന്ന് തെരക്കണം അതിനാദ്യം ചെയ്യേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണണം ഞാൻ പറയാം അതുവരെ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചുള്ളൂ എന്താ അതുപോലെ വളരെ ഉപകാരം മുതലാളി മൂന്നേട്ടാ ദൈവരുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാസ്കരൻ ചേട്ടൻ അല്ലേ അത് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ഭാസ്കരചേട്ടൻ നമസ്കാരം ഞങ്ങൾ കാണാൻ അങ്ങോട്ട് വരാനിരിക്കുന്നു മിസ്റ്റർ മുകുന്ദൻ നിങ്ങളുടെ വിവരങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു അപ്പോൾ മുതൽ ഞാൻ മുഖുന്ദരെ വന്ന് കാണണമെന്നും കരുതിയതാണ് മറ്റു ജോലി തരെക്കോട്ട് താമസിച്ചുപോയി ഇന്നലെ കോൺട്രാക്ടർ വർഗീസ് വന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പാടിലാണെന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പൊ മുഖന്ദർ എങ്ങനെയുണ്ട് ജീവൻ തിരിച്ചു കിട്ടിയെന്നുള്ളത് ശരിയാ പക്ഷേ ജീവിതം വീഴ്ചകളിൽ തന്നെയായിപ്പോയി എല്ലാം സഹിക്കുകയാണ് പക്ഷേ പാടില്ല ഈ സ്ഥലം മുതലാളിക്ക് ഇനി എവിടെ പോയി താമസിക്കും എന്നൊരു പിടിയുമല്ലേ ലക്ഷം വീട് കോളനിയിൽ ഒരിടം കിട്ടുമോ ഒരു അപേക്ഷയും കൊണ്ട് ഞാൻ വരട്ടെ സാർ അതിപ്പോ ലക്ഷം വീട് പദ്ധതി ഒന്നും ഇപ്പോഴില്ല പഞ്ചായത്തിന്റെ ഫണ്ട് കൊണ്ട് സ്ഥലം വിലക്ക് വാങ്ങി നാല് സെന്റ് വീതം വെക്കാൻ കൊടുക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഏറ്റെടുത്ത സ്ഥലം കൊടുത്തു തീർന്നു അതുകൊണ്ട് തൽക്കാലം വാടക വാടകയ്ക്ക് താമസിക്കാൻ വരുമാനമില്ല സാർ ഇത് വിറ്റാൽ കിട്ടുന്നത് കടം വെട്ടാൻ തകയില്ല പിന്നെ വല്ലപ്പോഴും കൂടി എനിക്ക് ഇടുന്ന തുണി തയ്യലാണ് ഒരു വരുമാനം ഞാൻ കിടപ്പിലായിരുന്നു മുതലെല്ലാം തകിടം അറിഞ്ഞു സാർ മുന്നോട്ട് പോവാൻ എന്താണൊരു മാർഗ്ഗം ഞാനൊരു മാർഗം ഉപദേശിക്കാനാണ് വന്നത് നിങ്ങളെ സഹായിക്കാൻ ചില തൊഴുദാന പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റിനുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിയുടെ സ്വയം തൊഴിൽദാന പദ്ധതിയും അതായത് പി എംആർവൈ ഗ്രാമീണ തൊഴിൽദാന പദ്ധതിയും ആർഇ എന്നും പറയും ഇത് രണ്ടും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് പി എംഇ ജി പി ഗ്രാമീണ മേഖലയിൽ ഖാദി ബോർഡും നഗരങ്ങളിൽ വ്യവസായ കേന്ദ്രമാണ് ഇത് നടപ്പിലാക്കുന്നത് സരസ്വതിക്ക് തയ്യൽക്കട തുടങ്ങുന്നതിന് ഞാൻ തരപ്പെടുത്താം മാരകമായ രോഗം ബാധിച്ച ഭർത്താവുള്ള സ്ത്രീകൾക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നോക്കാം എന്തു പറയുന്നു തയ്യൽ കടയിട്ടാൽ അതിനു തക്ക പണി കിട്ടുമോ സാറേ പണി കിട്ടിയില്ലെങ്കിൽ ലോൺ തുക തിരിച്ചടക്കാൻ പറ്റാതെ വരില്ലേ ചില സ്കൂളുകളുടെ യൂണിഫോമൊക്കെ തരപ്പെടുത്താം ലോൺ തിരിച്ചടവ് വളരെ ഉദാരമാണ് വിശദ വിവരങ്ങൾക്ക് സരസ്വതി പഞ്ചായത്ത് ഓഫീസിൽ വരെ വന്നാൽ ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെയുള്ള പദ്ധതികളെ കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു സാറേ സാർ ഇങ്ങോട്ട് വന്നു ഇത്രയൊക്കെ പറഞ്ഞു തന്നത് തന്നെ ഉപകാരം സാർ കൊണ്ടുവന്നിരിക്കുന്നത് യോഗമുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം ഏതായാലും സരസ്വ നാളെ തന്നെ ഓഫീസിലേക്ക് വരൂ ശരി സാർ ഞാൻ നാളെ തന്നെ എത്താം വലിയ ഉപകാരം അപ്പോ ഞാനറങ്ങട്ടെ എങ്ങനെയാണ്ട് ഞാൻ തച്ച ഈ യൂണിഫോം കൊള്ളാവോ നന്നായിട്ടുണ്ട് ദീപയേയും ശ്രീജിത്തിനെയും കൂടി തയ്യൽ പഠിപ്പിക്കണം അവർ സ്കൂളിൽ വേണമെ ഞാനും കോളേജിൽ പോയിട്ടല്ലേ വന്ന് ഈ പണി ചെയ്യുന്നത് കിട്ടിയ ഓർഡർ സമയത്ത് കൊടുക്കാനല്ലേ ഞാൻ എന്നയെ സഹായിക്കുന്നത് അതുപോലെ പഠനവും തൊഴിലും ഒരുപോലെ കൊണ്ടുപോകാൻ അവരും പരിശീലിക്കണം ക്രമേണ അവരെയും മോളെ ഇപ്പോഴ് രണ്ട് തയ്യൽക്കാരികൾ പോരാ നമുക്ക് രണ്ടുപേരെ കൂടി വച്ചാലോ അപ്പോൾ രണ്ടെണ്ണം കൂടി വാങ്ങിക്കണം അതിന് ബാലൻസ് ഉണ്ടല്ലോ അമ്മ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നത് നല്ല കൈപുണ്യമുള്ള ആളാ നമ്മുടെ തയ്യൽ കട ചെയ്തിട്ട് പുരോഗതി നമസ്കാരം സാർ പറഞ്ഞോ ഇരിക്കു സാർ എങ്ങനെയിരിക്കുന്നു എന്നറിയാൻ കയറിയതാണ് ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞില്ലേ തയ്യൽ തുടങ്ങി അതെ സാർ സാർ ഉദ്ഘാടനം ചെയ്തു പോയിട്ട് ഇതുവരെ പുരോഗതി പ്രശ്നങ്ങളൊക്കെ കടവും ബുദ്ധിമുട്ടുകളും ഒരുവിധം മാറി തുടങ്ങി സാർ മാത്രമല്ല അല്പം സ്വല്പം സമ്പാദിക്കാനും ആവുന്നുണ്ട് അങ്ങനെ വേണമല്ലോ രണ്ട് പെൺകുട്ടികളല്ലേ ഈ നിൽക്കുന്നത് മകളല്ലേ അതെ സാർ ഇവളാണ് മൂത്തത് വത്സല ൾ സ്കൂളിൽ പോയിരിക്കുന്നത് ഞാനിപ്പോ വന്നത് നിങ്ങൾക്കൊരു പുതിയ ബിസിനസ് കൂടി തുടങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ് അതിനുവേണ്ടി ബാങ്ക് ആവശ്യമുള്ള വായ്പ നൽകാൻ തയ്യാറാണ് തയ്യൽ കിടക്കനുവദിച്ച വായ്പ നിങ്ങൾ കൃത്യമായി തിരിച്ചടച്ചത് ആ പ്രോജക്ട് നന്നായി പോകുന്നതുകൊണ്ടും ബാങ്കുകാർ നിങ്ങൾക്ക് ഇനിയും ലോൺ തരാൻ തയ്യാറാണെന്ന് എന്നെ അറിയിച്ചു നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അതില് താല്പര്യമുണ്ട് സാർ എന്ത് ബിസിനസ് തുടങ്ങും ഞങ്ങൾക്കറിയാവുന്ന പണി തയ്യലാണ് തയ്യൽ തുള്ളുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊരു ബിസിനസ്സായി കൊണ്ടുപോകാൻ എന്നെ സാധിക്കുമോ സാർ അതിനുള്ള സാങ്കേതിക ഉപദേശങ്ങളും മാർക്കറ്റിംഗും ഒക്കെ ഞാൻ ഏർപ്പാടാക്കാം പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാനും ഗൈഡ് ലൈൻ തരാനും ഒക്കെ വ്യവസായ ഓഫീസർമാരും വനിതാ ശിശുക്ഷേമ ഓഫീസർമാരുമുണ്ട് അവരുടെ സഹായം ഞാൻ തരപ്പെടുത്താം തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരെ ആയിരിക്കണം ജോലിക്ക് നിർത്തേണ്ടത് നിങ്ങൾ അതിൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എല്ലാം സാറു പറയുന്ന പോലെ ചെയ്യാം സാറിന്റെ ഒരു ധൈര്യം മാത്രമാണ് ഞങ്ങൾക്കുള്ളത് ഈ കുടുംബത്തോട് ഇത്രയും കരുണ കാണിച്ച വ്യക്തി സാറു മാത്രമാണ് സാറിന് നൂറ് പൊണ്യം കിട്ടോ ഏതൊരു സ്ത്രീയും പതിറിപ്പോകാവുന്ന സാഹചര്യത്തിൽ വീൽചെയറിലായ ഭർത്താവും മൂന്ന് കുട്ടികളുമായി വീട് വിട്ടിറങ്ങിയ ഞങ്ങളോട് പലരും അടുത്തുകൂടി പ്രലോഭിപ്പിച്ചു വഴങ്ങില്ലെന്നായപ്പോൾ ഭീഷണിപ്പെടുത്തി ഇപ്പോഴും അതെല്ലാം സഹിച്ച് ഇനി ഒരു സരസ്വതി ദ്രോഹികൾ എവിടെയുമുണ്ടാവും അവരുടെ വീട്ടിൽ വീഴാതിരിക്കാനുള്ള ബുദ്ധിയും നിങ്ങൾക്കുണ്ടാകണം അത് നിങ്ങൾക്കുണ്ട് ഇതുപോലെ മുന്നോട്ടു പോയിക്കൊള്ളൂ ഞാനിറങ്ങുകയാണ് നാളെ തന്നെ പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നോളൂ പുതിയ പ്രോജക്ടിന്റെ നടപടി തുടങ്ങാം ഹലോ വർഗീസ് മുതലാളിയാണോ അതെ ആ മുതലാളി ഇത് മുകുന്ദനാണ് ഞാൻ കൊറച്ചു മുമ്പ് മുതലാളിയെ വിളിച്ചിരുന്നു എന്താ വിശേഷം വിശേഷങ്ങളൊക്കെ നല്ലതന്നെ മുതലാളി മുതലാളിക്ക് വിറ്റ വീട് തിരികെത്തരാമെങ്കിൽ വാങ്ങാൻ തയ്യാറാണെന്ന കാര്യങ്ങൾ സംസാരിക്കാനാണ് സരസ്വതി അങ്ങോട്ട് വിടത്തെ മുതലാളി ഓ ഇത് വളരെ സന്തോഷമുള്ള വാർത്തയാണല്ലോ എനിക്കറിയാം നിങ്ങൾക്കിപ്പോ അതിലും നല്ലൊരു വീട് വയ്ക്കാൻ സാമ്പത്തികമായിട്ടുണ്ട് എങ്കിലും നിങ്ങളുടെ വീട് നിങ്ങൾ തന്നെ തിരിയെടുക്കാൻ തോന്നിയത് വളരെ നല്ല കാര്യം മുതലാളി എന്ത് വിലക്ക് തരും കൊള്ളലാഭവങ്ങൾ എനിക്ക് വേണ്ട മുകുന്ദനു വേണ്ടി വിലയിൽ എന്ത് വീട്ടുവീഴ്ച ചെയ്യാനും ഞാൻ തയ്യാറാണ് അത് നിങ്ങളുടെ വീടല്ലേ സർസ്വധി വിട്ടോളൂ തീർത്ഥാധാരണം നടത്താനുള്ള ഡേറ്റും മറ്റും തീരുമാനിച്ച് ഞാൻ പറഞ്ഞു വിടാ എന്താ ശരി മുതലാളി വെക്കട്ടെ ശരി അങ്ങനെ നമ്മുടെ മുകുന്ദൻ വിറ്റുപോയ സ്വന്തം വീട് തിരിയെ വാങ്ങി പുതുക്കിപ്പണിത മനോഹരമായ വീടാണിത് ഇവിടെ ഇപ്പോ കോൺട്രാക്ടർ വർഗീസ് മുതലാളിയും തൊട്ടടുത്ത അയൽക്കാരും സരസ്വതിയുടെ റെഡിമേഡ് കമ്പനിയിലെ തൊഴിലാളികളുമാണുള്ളത് ആദ്യം തന്നെ ഈ വീടിന്റെ പ്രവേശന ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ച മുകുന്ദനും കുടുംബാംഗങ്ങൾക്കും സന്നിഹിതരായിരിക്കുന്ന നിങ്ങളോടും ഞാൻ നന്ദി പറഞ്ഞുകൊടുക്കുന്നു നിങ്ങളോടെനിക്ക് പറയാനുള്ളത് വിധിവൈപരീത്യം കൊണ്ട് ജീവിതം തകർന്നവർ സരസ്വതിയെ പാഠമാക്കണമെന്നാണ് ഏതൊരു സ്ത്രീയും പതറിപ്പോകുകയോ പിഴച്ചുപോകുകയോ ചെയ്യാവുന്ന സന്ദർഭത്തിൽ സരസ്വതി പെരുമാറ്റകൂടവും കഠിനാധ്വാനവും കൊണ്ട് ജീവിതം വിജയിപ്പിച്ചിരിക്കുന്നു ആ മാതാപിതാക്കളുടെ മാതൃക പിന്തുടർന്ന മൂന്ന് മക്കളെയും നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട് ഈ കുടുംബത്തിന് എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ ഭദ്രദീപം ഞാൻ തെളിയിക്കട്ടെ കേട്ടത് തപസ്വിനി രചന ശ്രീ എൻ എൻ പരമേശ്വരൻ പങ്കെടുത്തവർ പഴവീട് ബാബു പി എൻ ശ്രീദേവി അരൂർ കെ പ്രഭ അച്യുനൻ മാവേലിക്കര ശ്രീനാഥ് സുബ്രഹ്മണ്യം അഞ്ജുല ബി നായർ കുഞ്ചിരി രാജേന്ദ്രൻ സംവിധാനം രാജേശ്വരീ മോഹൻ